അല്ലെങ്കിൽ നമുക്കായിരുന്നു ഗ്രന്ഥം ഇറക്കപ്പെട്ടതെങ്കിൽ അവരെക്കാൾ കൂടുതൽ സന്മാർഗികളാകുമായിരുന്നു എന്ന് നിങ്ങൾ പറയരുത് എന്നാൽ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ തെളിവ് സന്മാർഗ്ഗദർശനം കാരുണ്യം എന്നിവയെത്തിയിരിക്കുന്നു അള്ളാഹു സുബാനഹുവത്തെ അലായുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും അവയിൽ നിന്ന് മുഖം തിരിച്ചും ചെയ്യുന്നവനേക്കാൾ വലിയ അക്രമി മറ്റാരുണ്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് മുഖം തിരിച്ചവർക്ക് അവർ മുഖം തിരിച്ചതിന്റെ ഫലമായി കഠിനമായ ശിക്ഷ നൽകുന്നതാണ്